പർവ്വതങ്ങളെ നീക്കാനോ ഭൂമിയെ പിളർക്കാനോ മരിച്ചവരോട് സംസാരിക്കാനോ കഴിയുന്ന ഒരു ഖുർആൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ വിശ്വസിക്കുമായിരുന്നില്ല എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാനുഹുവ ചായാലയുടെ തീരുമാനമാണ് അള്ളാഹു സുബഹാനുഹുവ ചായാല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരെയും നേർവഴിയിലാക്കുമായിരുന്നു എന്ന് വിശ്വസിച്ചവർക്ക് ബോധ്യമായില്ലേ സത്യനിഷേധികൾ തങ്ങൾ ചെയ്ത കാര്യങ്ങൾ കാരണം ഒരു വലിയ പ്രഹരത്തിനിരയാകിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അത് അവരുടെ വീടുകളുടെ അടുത്ത് സംഭവിക്കും അള്ളാഹു സുബഹാനഹുവറ്റ ആലയുടെ വാഗ്ദാനം വന്നെത്തുന്നതുവരെ അത് തുടരും തീർച്ചയായും അള്ളാഹു സുബഹാനഹുവറ്റ ആല വാഗ്ദാനങ്ങളിൽ വ്യതിചലിക്കുന്നവനല്ല